पुरम പു അജസ്രചേതസാ ശോചതി വിമുക്ത വിമുച്യ ൃത അദ്രിജ ഋതം ബൃഹത് ഓർധം പ്രാണം ഉന്നയതി അപാനം പ്രത്യസ്യത്തി മധ്യേവാമന ആസീനം വിശി ദിവാ ഉപാസത്തെ അസ വിശ്രംസമാനസ किमत्र तत ശരീരസ്ഥേനേവിമുച്യമാനത്ര പരിശിഷ്യത്തിനേന മറ്റോ ജീവതി കണ ജീവ യന്യേതാവുപാശ്രിത ഇതം പ്രവക്ഷ്യമ്യം ബ്രഹ്മസനം എപ്പതി ഗൗതമ യോനി അന്യേ പ്രപത്യന്തി ശരീര സ്ഥാനമുണ്ടെ കമ്മ യഥാശ്രുേഷു ജാഗർത്തിഷോമാണേ ശുക്ബ്രമ തദ്ദേമൃതമു തന്നോകാശ്രിതേതി കൈ തത് അയൈകോ ഭുവനം പ്രവിഷ്ടോ അതിരൂപോ ബഭൂവ യുനൂതരാത്മാ തിരുവോ ബ സൂര്യോ യഥോക ചുഷേൈർ ബാഹ്യ ദോഷസ്തൂതമാ ിപ്യത്തെ ലോകദുഃഖേന ബാഹ്യശീ സൂതരാത്മാ എകം അരുപം ബഹുധാ കഥം യേനു പശ്യ ധീരാ േതേഷ്തോ ബഹൂനം യോ വിദഗ്ധാതി കാസ് പശ്യീരാ താന്തി ശശ്വതീനേതരേഷ തന്നയന്ദ്ദേശ്യം പരമം സുഖം കഥം തദ്യാ തൂര്യോഭാതി നന്ദ്രകേമ വിദ്യു ഭാതി കൂത്തയഗ്നി തമേവനുഭാതിസ തീ ഭാസമിഭാതി മന്ത്രത്തിൽ ചർച്ച ചെയ്തത് ആത്മാവിന്റെ നിരുപാധികവും സ്വാഭാവികവുമായ രണ്ടാവസ്ഥകളെ കുറിച്ചാണ് അത് സർവ രൂപങ്ങൾക്കും സർവ വസ്തുക്കൾക്കും സദൃശ രൂപത്തിന് സ്ഥിതി ചെയ്യുന്നു പശുപക്ഷി രൂപങ്ങളിലെല്ലാം മനുഷ്യ രൂപങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നു അതേസമയം ബഹിഷ്ഠ ഇതിനെല്ലാം അപ്പുറവും സ്ഥിതി ചെയ്യുന്നു ഇതൊന്നും ആകാതെയും സ്ഥിതി ചെയ്യും അതിനുവേണ്ടിയിട്ടാണ് അടുത്ത ഒരു ദൃഷ്ടാന്തം വീണ്ടും തന്നിരിക്കുന്നത് സ്വപ്നം എന്ന പ്രതിഭാസത്തിന്റെ നിർവചനം എന്താണ് സുഷുതിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മനസിന്റെ ഒരു അവസ്ഥയാണെന്നറിയാം അതായത് സ്വപ്നം എന്ന് പറയുന്നത് സുഷുപ്തിയിലേക്ക് എത്തുന്നതിന് മനസ്സിന്റെ അവസ്ഥയല്ല ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന മൂന്ന് സ്വതന്ത്രമായ അവസ്ഥകൾ ജാഗ്രത എങ്ങനെയാണ് സ്വതന്ത്രമായിരിക്കുന്നത് അതുപോലെ സ്വപ്നവും അതുപോലെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സുഷുപ്തിയും അതുപോലെ സ്വതന്ത്രമായി നിൽക്കുന്ന അവസ്ഥയാണ് ഒരാൾ ജാഗ്രതം സ്വപ്നവും സുഷുപ്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സ്വപ്നത്തിൽ പറയുന്നത് ജാഗ്രത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ സ്വപ്നത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്ഥൂലമായി അങ്ങനെ അനുഭവപ്പെടുന്നതിന് കാരണം പറയുന്നത് നിദ്രാദോഷം എന്ന് പറയുന്നു നിദ്രാദോഷം എന്ന് പറയുന്ന സ്വപ്നത്തെ ബാധിച്ചിരിക്കുന്നു ജാഗ്രത്തിലെ സംസ്കാരങ്ങൾ ജാഗ്രത്തിലെ സംസ്കാരങ്ങൾ സ്വപ്നാവസ്ഥയെ ബാധിക്കുന്നു നിദ്രാദോഷവും ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ജാഗ്രതും സുഷുപ്തിയും തമ്മിൽ സ്വപ്നത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നു സ്വപ്നത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് മായയുടെ നിർവചനം തന്നെ മായ എങ്ങനെ നിർവചിക്കുന്നു അത് സ്വപ്നത്തെയും നിർവചിക്കുന്നു മായയ്ക്ക് ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ കാണിക്കുന്നത് ജാഗ്രത്തിൽ അനുഭവിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു ജാഗ്രതയിൽ ചെയ്യാത്തവയും അറിയാത്തവയും കേവലം ചിന്തയ്ക്ക് പോലും ചെയ്യാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എന്നാണ് അതാണ് നേരത്തെ പറഞ്ഞത് സ്വപ്നത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിദ്രാദോഷവും സംസ്കാരം മായ നിർവചനം എന്താണ് സാറിന് പറയുന്നത് യാവിദ്യ സായ മായ അഘടിത ഘടന പടിയേസി മായ ഇങ്ങനെയാണ് പലതരത്തിൽ മായ നിർവചിക്കുന്നുണ്ട് ഇതേ നിർവചനം തന്നെയാണ് സ്വപ്നത്തിന് കൊടുക്കുന്നത് മായയുടെ പ്രത്യേകത എന്താണ് യോജിക്കാൻ വയ്യാത്തതിനെ യോജിപ്പിച്ച് കാണിക്കുക ഒരേ വസ്തുവിൽ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന രണ്ട് ഭാവങ്ങൾ കാണിക്കുക നിർമ്മാണയുടെ പ്രത്യേകത അതായത് നിർഗുണമായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ സഗുണനാക്കുക നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനെ തന്നെ ബന്ധനസ്ഥനാക്കുക ഇങ്ങനെ ഒരു തരത്തിലും യോജിക്കാൻ വയ്യാത്ത ത്രികാലത്തിലും ഇല്ലാത്തതായ പ്രപഞ്ചത്തെ സത്യം ഒന്ന് ഇങ്ങനെ ഒരു തരത്തിലും യോജിപ്പിക്കാൻ യോജിക്കാൻ കഴിയാത്ത ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആണ് മായ സൃഷ്ടിച്ചു കാണിക്കുന്നത് ഈ ജാഗ്രത അപ്പൊ മായയുടെ നിർവചനമാണ് സ്വപ്നത്തിന്റെ നിർവചനം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്ത അനുഭവിക്കാത്ത ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ സംഭവിക്കാം ജാഗ്രതത്തിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു പുതിയ അറിവുണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ എന്തുകൊണ്ടായിക്കൂടാതല്ല ജാഗ്രതത്തിലാകാമല്ലോ ജാഗ്രതയിൽ പുതിയ കാഴ്ച കാണുന്നില്ല പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല വാക് മനോകായങ്ങൾ കൊണ്ട് പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അത് ജാഗ്രതത്തിൽ സംഭവിക്കാമെങ്കിൽ സ്വപ്നത്തിന് അത് സ്വപ്നത്തിൽ അത് പാടില്ല എന്ന് നമ്മൾ കരുതുന്നതിന് എന്താണ് അടിസ്ഥാനം ഒന്നുമില്ല അതുകൊണ്ട് സ്വപ്ന ജാഗ്രത അനുഭവിക്കാത്ത കാര്യങ്ങൾ ജാഗ്രത മുമ്പ് അനുഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാമെങ്കിൽ സ്വപ്നത്തിന് അത് സംഭവിക്കാം ഇത്രയേ ഉള്ളൂ പൂർവ്വജന്മവുമായി ബന്ധമുണ്ടോ എന്നാണ് സ്വപ്നത്തിന് ആദ്യം ചിന്തിക്കേണ്ട ജാഗ്രതത്തിന് ബന്ധമുണ്ടോ എന്ന് പൂർവ്വജന്മവുമായി ജാഗ്രതെന്തെങ്കിലും ബന്ധമുണ്ടോ ജാഗ്രതത്തിന് ബന്ധമുണ്ടേ കണ്ടേക്കാം പക്ഷേ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ കഴിയില്ല അത് തന്നെയാണ് സ്വപ്നത്തിന് സംഭവിക്കുന്നത് കാരണം ഇതൊരു തുടർച്ച എന്നാണ് പറയുന്നത് ഇവിടെ തന്നെ സ്പഷ്ടമായി പറയുന്നത് എന്താണ് ജന്മം എന്ന് പറയുന്നത് തുടർച്ചയാണ് തുടർച്ചയാണെങ്കിൽ തീർച്ചയായും പൂർവജന്മങ്ങളും ഈ ജന്മത്തിലെ സംഭവങ്ങളുമായിട്ടെല്ലാം ബന്ധം കാണും പക്ഷെ ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ സ്വപ്നത്തിനും സംഭവിക്കുന്നു സ്വപ്നത്തിനും അങ്ങനെ ബന്ധമുള്ള പല കാര്യങ്ങളും വരാം തിരിച്ചറിയാൻ കഴിയത്തില്ല യാതമായി ചിലപ്പോൾ ചിലർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരാം അങ്ങനെയെല്ലാം വരാം കണ്ടാത് ശരിക്കും ഒരു യുക്തി വിചാരത്തിന്റെ വിഷയമല്ല അതീന്ദ്രിയമായ വിഷയങ്ങളൊന്നും തന്നെ യുക്തി വിചാരത്തിന് വഴങ്ങുന്ന കാര്യങ്ങളല്ല ജാഗ്രത്തിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയെല്ലാം വിനയിച്ചതിന് ശേഷമാണ് സ്വപ്നം സംഭവിക്കുന്നത് സ്വപ്നത്തിലെ കാര്യങ്ങളെയും ജാഗ്രതത്തിലെ കാര്യങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നു അതിസൂക്ഷ്മമായ വാസനകളെ ശേഷിക്കുന്നുള്ളൂ വേറൊന്നും ശേഷിക്കുന്നില്ല ആ വാസനകളുള്ളതുകൊണ്ടാണ് സ്വപ്നം കണ്ടു സ്വപ്നത്തെ ഓർക്കുന്നതുമല്ല അതുകൊണ്ട് ജാഗ്രതത്തിലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജാഗ്രതത്തിലെ ഈ മനസ്സുകൊണ്ട് സ്വപ്നത്തെ കാര്യകാരണബദ്ധമായി ചിന്തിക്കാനോ നിർവചിക്കാനോ ഒന്നും കഴിയത്തില്ല കാരണം രണ്ടിടത്ത് ഉപകരണങ്ങൾ വേറെയാണ് ഒന്നല്ല ഇവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വാസനകൾ ഒഴിവാക്കിയാൽ രണ്ട് സ്ഥലത്ത് വിരിക്കുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വേറെയാണ് പിന്നെ ഇങ്ങനെ സ്വപ്നത്തെ നമുക്ക് ജാഗ്രതയിൽ യുക്തിയുക്തമായി നിർവചിക്കാൻ കഴിയും അതുകൊണ്ട് അത് മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയാണ് ധ്യാനത്തിലൂടെ നേടിയെടുക്കുന്നത് ഇത് തന്നെ എൻ്റെ ധ്യാനത്തിലൂടെ മനസ്സിൻ്റെ പല പല തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയും സുഷുതിയിൽ മനസ്സിന് വിലയം പ്രാപിക്കുന്നു രണ്ടതുമുള്ള വ്യത്യാസം അതാണ് ധ്യാനത്തിലിരിക്കുന്ന ഒരാളിന്റെ മനസ്സിന് എത്രയോ സൂക്ഷ്മുണ്ട് ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അതൊന്നും പ്രകടമാകുന്നില്ല അതേസമയം മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമായ ധ്യാനത്തിൽ വരുമ്പോൾ മനസ്സ് ഈ സ്ഥൂലഭാവങ്ങളിൽ നിന്ന് മാറി സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകും ഇത്തരം കാര്യങ്ങളൊന്നും സുഷുപ്തി സംഭവിക്കുന്നില്ല അതാണ് സുഷുതിയും സമാധിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് സമാധിയിൽ മനസ്സ് ഏകാഗ്രമായി അതിസൂക്ഷ്മമായ തലത്തിലേക്ക് മാറി നിൽക്കുന്നു സുഷുതിയിൽ അത് വിലയിച്ചു പോകും അതുകൊണ്ട് മനസ്സും അങ്ങനെ മനസ്സിന് പലതരങ്ങളും ഉള്ളതുകൊണ്ടാണ് സമാധിയെ തന്നെ പലതായിട്ട് സവികൽപ്പം നിർവികൽപ്പം അങ്ങനെ പലതരത്തിൽ യോഗശാസ്ത്രങ്ങളിലും മറ്റും വിശദീകരിക്കുന്നു അത്തരത്തിലുള്ള മനസ്സിന്റെ അവസ്ഥാന്തരങ്ങളൊന്നും സുഷുതിയിൽ അനുഭവപ്പെടുന്നില്ല അത്തരം അനുഭവങ്ങളൊന്നുമില്ല സമാധിയിൽ അനുഭവമുണ്ട് സുഷുതിയിൽ അനുഭവമില്ല അങ്ങനെ വ്യത്യാസമുണ്ട് കാരണം സമാധിസ്ഥനായവൻ ഉണർന്നു വരുമ്പോൾ ഞാൻ ഇതുവരെ ഉറങ്ങിന്ന് തന്നെ അറിയുന്നു മറിച്ച് ഞാൻ സമാഹിതനായിരുന്നു എന്നുള്ള അറിവാണ് അത്തരം ഒരു സംസ്കാരമാണ് അയാൾക്കുണ്ടാകുന്നത് നിരോധ സംസ്കാരമാണ് അന്ധകരണ വൃത്തികളെ നിരോധിച്ചിരിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരം ആ സംസ്കാരം അന്ധകരണത്തിനുണ്ടായി ആ സംസ്കാരത്തിൽ നിന്ന് സമാധി എന്ന് പറയുന്ന പ്രത്യേക അവിടെ നിന്ന് വരികയാണ് അപ്പോൾ അയാൾക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്റെ മനസ്സ് ഏകാഗ്രമായിരുന്നു ഞാൻ സമാഹിതനായിരുന്നു മറ്റേതോ അവസ്ഥയിലായിരുന്നു എന്നതായത് പറയാൻ കഴിയും ഉറങ്ങി എണീക്കുന്നവന് ഒന്നേ പറയാൻ കഴിയും ഞാൻ ഇതുവരെ ഉറങ്ങുകയായിരുന്നു ഞാൻ സമാധിയിലായിരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് സുഷു സമാധിയും ഒരിക്കലും ഒന്നല്ല രണ്ടും രണ്ടാവസ്ഥയാണ് എന്നത് അതുകൊണ്ട് സദാസമയം ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് അയാളോട് കാണിക്കുന്ന ദ്രോഹമല്ലേ എന്നാണ് തീർച്ചയായിട്ടും അയാളോട് ചെയ്യുന്ന ദ്രോഹമാണ് അയാളെ നല്ല ഏതെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് ചികിത്സ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ വിളിച്ചുണർത്തുകയല്ല ചെയ്യേണ്ടത് സദാ ഉറങ്ങുന്നത് ഒരു രോഗമാണ് ചികിത്സയുണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറി വിളിച്ചുണർത്തിയിട്ട് കാര്യമില്ല ചികിത്സിച്ചു മാറ്റണം ആ രോഗം ഉറക്കവും സുഷുതിയും രണ്ടും ഉറക്കവും സമാധിയും രണ്ടും രണ്ടാണ് ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ല സമാധിയിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സുണ്ടെങ്കിലേ സമാധിയുള്ളൂ മനസ്സുകൂടെ പോയി കഴിഞ്ഞാൽ ഒന്നിൽ ഉറക്കം അതല്ലെങ്കിൽ കേവലമായ ആ സ്വരൂപസ്ഥിതി അതുകൊണ്ട് ഒന്ന് രണ്ടിനും ഒന്നാണെന്ന് ധരിക്കേണ്ട പുനർജന്മത്തെ കുറിച്ചുള്ള ഇതാണ് ഈ പുനർജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കാരണം ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവുമുള്ള കാര്യങ്ങൾ അതും അതീന്ദ്രിയമാണ് ഇന്ദ്രിയ വിഷയമല്ല ഇന്ദ്രിയ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ യോഗിപ്രജ്ഞ കൊണ്ട് അതിനെ മനസ്സിലാക്കും യോഗികൾക്ക് മാത്രം കിട്ടുന്ന ആർഷജ്ഞാനം പ്രജ്ഞ അതുകൊണ്ട് യോഗശാസ്ത്രത്തിൽ പറയുണ്ടോ ഗ്രദംഭര പ്രജ്ഞന്നൊക്കെ പറയും അത്രയുള്ള വിശിഷ്ട ജ്ഞാനം കൊണ്ട് അതിനെ മനസ്സിലാകും അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുക ഇന്ദ്രിയ വേദ്യമല്ലാത്ത എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ളൂ അപ്പോ അത് ശാസ്ത്രങ്ങളിൽ നിന്നും നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും വളരെ പരിമിതമാണ് അപ്പോ ജീവന്റെ ഗതി എന്ന് പറയുന്നത് കർമ്മത്തിനനുസരിച്ചാണ് അപ്പോ എങ്ങനെ ജീവൻ ഗർഭസ്ഥ ശിശുവിൽ പ്രവേശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ ഒന്നും സാധ്യമല്ല അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതിന്റെ ഗതികളെക്കുറിച്ച് ഉപനിഷത്തുകളിലും മറ്റും പറയുന്നുണ്ട് ദേവയാന മാർഗത്തെ കുറിച്ചും മറ്റും വിശദീകരിക്കുന്ന ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ചൊരു പഠന വിഷയമായിട്ടല്ല പുരാണങ്ങളിൽ മറ്റും പല ഭാഗങ്ങളിലായി പുനർജന്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ ഓരോ സൂചനകളെ തരുന്നുള്ളൂ വ്യക്തമായി ഇന്ന ഇന്ന രീതിയിലാണ് ജാഗ്രതയിലൊരാൾ സഞ്ചരിക്കുന്ന പോലെ ഒരു സ്ഥലം തൊട്ട് വേറെ സ്ഥലത്ത് പോകുന്നതുപോലെ ഉള്ള ഒരു വിശദീകരണം ഒന്നും ഇതിനോ ഒരു സ്ഥലത്തും കാണുന്നില്ല പിന്നെ ആധുനികന്മാരായ ചില ആൾക്കാർ ഇങ്ങനെ ഒരുപാട് കല്പനകൾ ഇതിനെ സംബന്ധിച്ച് പുസ്തകരൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് അവരുടെ ഭാവനകൾ കല്പനകൾ അതൊന്നും നമുക്ക് പ്രാമാണികമായി സ്വീകരിക്കാനും നിവർത്തിയില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പുനർജന്മത്തെക്കുറിച്ചും മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അവരുടെ ഭാവനയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് ചില പുസ്തകങ്ങളിലെല്ലാം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അതെല്ലാം ശരിയാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക പുരാണങ്ങളിൽ ഇങ്ങനെ ചില സൂചനകളേ ഉള്ളൂ അത്തരം കാര്യങ്ങളിൽ പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പറയണം നമ്മുടെ കൽപ്പനകൾക്കനുസരിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല എന്നാണ് പിന്നെ മരണം എന്ന് പറയുന്നത് എവിടെ വെച്ച് സംഭവിച്ചാലും അത് ആ ജീവന്റെ പ്രാരംഭം അവസാനിക്കുമ്പോൾ മരിച്ചുപോകുന്നു അത് ഗർഭസ്ഥസിച്ചു മരിച്ചാലും ജനിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞാലും എല്ലാം ഒരുപോലെ തന്നെ മരണത്തെ സംബന്ധിച്ചിടത്തോളം ജീവനും ഒരു നിയമം തന്നെ അല്ല ജനനത്തിന് കാരണമായിരിക്കുന്നത് ആരബ്ധകർമ്മമാണ് ആരബ്ധകർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മരിക്കുന്നു അത് ഏത് സമയത്ത് വെച്ചായാലും അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ കാരണമൊന്നുമില്ല കർമ്മം ക്ഷയിക്കുന്നു മരിക്കുന്നു അതികൂട ശരീരത്തിൽ ജീവനും നിലനിൽക്കാൻ പറ്റത്തില്ല എന്നാണ് അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മനാശം കൊണ്ട് അല്ല വാസനകളും നശിച്ചിട്ടാണോ മരിക്കുന്ന ബന്ധമില്ല കർമ്മവും മരണവുമായിട്ടാണ് ബന്ധം കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു മരണത്തെ സംബന്ധിച്ച് അത്രേയുള്ളൂ കർമ്മനാശം കൊണ്ട് മരണം സംഭവിക്കുന്നു അത് പുറമേ ആയാലും ശരി ഗർഭസ്ഥ ശിശുവായാലും ശരി അത്രയുള്ളു അല്ല ജീവനങ്ങോട്ട് പ്രവേശിക്കുന്നു ഞാൻ പറഞ്ഞു ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിൽ ജീവൻ പ്രവേശിക്കുന്നു എന്നു പറയുന്നു അതൊരു സാർവലൗകിക നിയമമായിട്ടല്ല പറയുന്നത് ചില ജീവന്മാരുടെ സവിശേഷതമായിട്ടാണ് പറയുന്നത് ആ ശിശുവിൽ ശിശു ശരീരത്തിലേക്ക് ജീവൻ മൂർധാവിലൂടെ പ്രവേശിക്കുന്നു പറയുന്നു അങ്ങനെ പറയുന്നു എല്ലാ ജീവന്മാരും അങ്ങനെ പ്രവേശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ പ്രവേശിക്കുന്നതിന് ഒരു നിശ്ചിത കാലയളവും പറയുന്നു അതായത് ഒരു ശിശു രൂപം കൊള്ളുമ്പോൾ അത് അമ്മയുടെ ജീവനെ ആസ്വദിച്ചു നൽകുന്നു അങ്ങനെ നൽകുന്ന ആ ശിശു ശരീരത്തിലേക്ക് അതിന്റെ അവയവങ്ങളെല്ലാം വേണ്ടത്ര വളർച്ചയെ പ്രാപിക്കുമ്പോൾ ജീവൻ മൂർധാവിനെ ഭേദിച്ച് ഉള്ളിലേക്ക് കിടക്കുന്നു എന്നും മറ്റും പറയുന്നു പുരാണങ്ങളിലും മറ്റും അപ്പൊ അതുവരെ അതിനുണ്ടായിരുന്ന ജീവൻ എന്ന് പറയുന്നത് അമ്മയെ ആശ്രയിച്ചിരുന്ന ജീവനാണ് അതിനകം ആ ശിശുവിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവങ്ങൾ കേടുവന്നു നശിച്ചുപോകുന്നത് പോലെയുള്ളൂ ചെവി കേൾക്കാതാകുന്നു കണ്ണു കാണാതാകുന്നു അതുപോലെയുള്ളൂ അവിടെ ഒരു ജീവനാശം സംഭവിക്കുന്നില്ല ജീവൻ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ശിശുവിന് മരണം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം അവിടെ അത്രയുണ്ടായിരുന്നോ അവസാനിച്ചു അപ്പോൾ ആ ജീവനാശം സംഭവിച്ചു എന്ന് കരുതാം എല്ലാ ജീവന്മാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല ചില ജീവന്മാരങ്ങനെ പ്രവേശിക്കുന്നു മറ്റ് ചില ജീവന്മാര് പിതാവിനൂടെ തന്നെ മാതാവിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ശിശുവായി വളർന്ന് ജനിക്കുന്നു അങ്ങനെയും പറയുന്നുണ്ട് ചില ജീവന്മാർ അങ്ങനെ അല്ലാതെ തന്നെ മറ്റ് മനുഷ്യജന്മ അല്ലാതെ സ്വീകരിക്കുന്നവർ അവർക്കങ്ങനെ ഉള്ള ജന്മം സ്വീകരിക്കേണ്ടി വരുന്നില്ല അതാത് ലോകത്ത് തത്ത് ശരീര സ്വീകരിക്കുന്നു ഗർഭവാസം തുടങ്ങിയ അനുഭവിക്കാതെ അങ്ങനെയും പറയുന്നുണ്ട് മറ്റു ലോകങ്ങൾ ഗന്ധർവലോകം പിതൃലോകം അവിടേക്ക് എങ്ങനെയാണ് ജനിക്കുന്നു ജീവൻ അവിടെ ചെന്ന് ഒരു ശരീരം സ്വീകരിക്കുകയാണ് അവിടെ ഗർഭവാസം തുടങ്ങിയ കഷ്ടതകളൊന്നും ജീവൻ അനുഭവിക്കേണ്ടി വരുന്നില്ല അല്ലാതെ അതുകൊണ്ടാണ് മനുഷ്യലോകത്തെക്കാളും ശ്രേഷ്ഠമെന്ന് പറഞ്ഞത് അവിടെ കഴിയുന്നത് എന്നാലും അവിടെയും പുണ്യം ക്ഷയിക്കുമ്പോൾ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ആ ജീവൻ ഭൂമിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ കർമ്മം അനുസരിച്ച് മറ്റ് അതിനെ സ്വീകരിക്കുന്നു എന്നെല്ലാം പറയുന്നു ഇതെല്ലാം ഓരോ സൂചനകൾ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് വ്യക്തമായി ഇതിനൊരു പ്രത്യേക വിഭാഗമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ചർച്ച ചെയ്താൽ അത് പൂർണ്ണമാകത്തുമില്ല അപൂർണമാവും കാരണം അത് അതീന്ദ്രിയമായ വിഷയങ്ങളായതുകൊണ്ട് ഏതായാലും അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളൊരു സൂചന ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട് അത്രയും നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതിന് തഥാ അന്യോ ദൃഷ്ടാന്ത ഒമ്പതാമത്തെ മന്ത്രം കഴിഞ്ഞ് പത്താമത്തെ മന്ത്രത്തിന് പ്രമുഖമായി പറയുന്നു ഇതിന് മറ്റൊരു ദൃഷ്ടാന്തവും ഉണ്ട് പത്താമത്തെ മന്ത്രം വായു യഥൈകോ ഭുവനം പ്രവിഷ്ഠോ ഇത് കഴിഞ്ഞ മന്ത്രം പോലെ തന്നെ മന്ത്രത്തിൽ നിന്ന് എന്ന അർത്ഥം മനസ്സിലാകും അങ്ങനെയുള്ള അടുത്ത് ഭാഷ്യകാരൻ കൂടുതൽ വിശദീകരിക്കത്തില്ല പ്രാണാത്മന ദേഹേഷു അനുപ്രവിഷ്ടോപം രൂപം പ്രതിരൂപ ബഭൂവ ഇത്യാദി സമാനം പ്രാണാത്മന ജീവാത്മ രൂപത്തിൽ അനുപ്രവിഷ്ട്രവേശിച്ചു രൂപം രൂപം പ്രതിരൂപവും ഓരോ വസ്തുക്കൾക്കും സദൃശമായ രൂപത്തെ അത് സ്വീകരിക്കുന്നു ഇത്യാദി സമാനം മുൻ മന്ത്രത്തിനെ പോലെ തന്നെ യഥാ ഏക വായു ഒരേ വായു തന്നെ ഭുവനം പ്രവിഷ്ഠ അത് പ്രവേശിച്ചിരിക്കുന്നു വായു ലോകത്തിൽ സ്ഥൂലമായ വായു സഞ്ചരിക്കുന്നു ഓരോ ജീവനിലും പ്രാണരൂപത്തിൽ പ്രവേശിക്കുന്നു പ്രാണനായിട്ട് രൂപം രൂപം പ്രതിരൂപ ഓരോ ജീവികളിലും അതാത് ജീവികൾക്ക് സദൃശമായി ഭിന്ന ഭിന്നൂപത്തിൽ പ്രാണരൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു ഏകസ്ഥത അതുകൊണ്ട് പ്രാണനും ആത്മാവും ഒന്നല്ല വേറെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പറഞ്ഞത് അതുപോലെ സർവഭൂതാന്തരാത്മാ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന ആ പരമാത്മാവ് രൂപം രൂപം ഓരോ വസ്തുവിനുമനുസരിച്ച് പ്രതിരൂപവും സദൃശനായി സ്ഥിതി ചെയ്യുന്നു ബഹിഷ് അതേസമയം അത് ഈ സർവഭാവങ്ങൾക്കും ഉപരിയായും അതിനതീതനായും സ്ഥിതി ചെയ്യുന്നു എന്നും മറ്റൊരു ദൃഷ്ടാന്തം പറഞ്ഞു അതായത് പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് ഒരു ദൃഷ്ടാന്തം ഒരാൾക്ക് സ്വീകാര്യമായിരുന്നാൽ മറ്റൊരാൾക്ക് അത് സ്വീകാര്യമാകണമെന്നില്ല മറ്റൊരാൾക്ക് ഒരു ദൃഷ്ടാന്തത്തിലൂടെ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പൊ വാസനകൾ ഭിന്നമായിരിക്കുന്നതുകൊണ്ട് പല വാസനകളിൽ അവരുടെ വാസനയ്ക്ക് അനുസരണമായി ഇതിനെ വേണ്ടിയാണ് വേറെ വേറെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് ഒരാൾക്ക് ഒന്നും മതിയാകും ചിലപ്പോൾ ഒന്നും വേണ്ടിവരും പക്ഷെ എല്ലാവർക്കും ഒന്നുകൊണ്ട് തൃപ്തി വരത്തില്ല അതുകൊണ്ട് ഭിന്ന വാസനകളുള്ള ശ്രോതാക്കൾക്ക് അവർക്ക് യോഗ്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭിന്ന ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് എല്ലാത്തിന്റെയും താൽപ്പര്യം ഒന്ന് തന്നെ ആ പരമേശ്വരൻ തന്നെയാണ് ഈ ജഗത് രൂപത്തിൽ അത് തന്നെയാണ് ജഗത്തിന് ഉപരിയായി നിർഗുണഭാവത്തിനും സ്ഥിതി ചെയ്യുന്നത് സംസാര ദുഃഖിത്വം പരസ്യപ്രാപ്തം അദ്വൈതത്തിന് മറ്റുള്ളവർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണിത് ഏകസ്യ സർവാത്മത്വം ഒരേ ഒരു ഈ ജീവരൂപത്തിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നു പശുപക്ഷിമൃത രൂപത്തിലെല്ലാം അത് തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സംസാര ദുഃഖിത്വം പരസീവത ഇതി പ്രാപ്തം ഈ സംസാര ദുഃഖങ്ങളെല്ലാം ആ പരമാത്മാവിന് തന്നെ വന്നിരിക്കുന്നു എന്ന് വരും കാരണം ആ പരമാത്മാവ് തന്നെ ഈ ജീവഭാവത്തിൽ വന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു ഇപ്പോൾ പരമാത്മാവിനും ദുഃഖം പരമാത്മാവും ദുഃഖിതനാണെങ്കിൽ ആ ജീവനും പരനും തമ്മിലെന്താ ജീവൻ തന്റെ മോക്ഷത്തിന് വേണ്ടി എങ്ങനെ ആ പരമാത്മാവിനെ ആശ്രയിക്കും അതും സമാനനാണെങ്കിൽ അങ്ങനെ ആശ്രയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെ ബന്ധത്തിൽ നിന്ന് മോചനമുണ്ടാകും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരും അതായി ദമുച്ചതി അതിന് സമാധാനമായിട്ടാണ് അടുത്തു പറയുന്നത് അടുത്ത മന്ത്രം സൂര്യോ യഥാ സർവലോക ിപ്യേ ചാക്ഷുഷർബാഹ്യോഷത്തന്തരാത്മാ ലി ലോകദുഃഖേന ബാഹ്യ സൂര്യ സൂര്യൻ യഥാകാരണോ ചുഷോകുപകാരം കൂടൻ മൂത്രപുരീഷാദ്യശുചിപ്രകാശനർോകുരവി സന്നലിപ്പം ചുഷൈ അശുച്യദർശനധ്യാത്പദോഷ ബാഹ്യ അശുച്യാതിസംസർഗോഷേ സൂര്യ യഥാ ചക്ഷുഷ ആലോകേന സൂര്യൻ ചക്ഷുരിന്ദ്രിയത്തിന്റെ ആലോകം പ്രകാശം അങ്ങനെ ചക്ഷുരിന്ദ്രിയത്തിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് ആലോകേന ഉപകാരം കുറുവൻ അതിന് പ്രകാശത്വം നൽകിക്കൊണ്ട് പ്രകാശമുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തുള്ളു അപ്പൊ ചക്ഷുരേന്ദ്രിയത്തിന് പ്രകാശം എന്നുള്ള ഒരു സഹായത്തെ കൊടുത്തുകൊണ്ട് ഉപകാരം കുറുവൻ ഉപകാരം ചെയ്യുന്നവനാണ് സൂര്യൻ ആ കണ്ണുകൊണ്ട് കാണുന്ന എന്താണ് പറയുന്നത് മൂത്രപുരീഷാദി അശുചി പ്രകാശം മൂത്രം മലം തുടങ്ങിയ അശുദ്ധ വസ്തുക്കളെയും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്നത് പോലെ തന്നെ അത് അശുദ്ധ വസ്തുക്കളെ കാണുന്നതിനും അത് സഹായിക്കുന്നു തദ്ദർശിന അത് കാണുന്നവനത് ഉപകാരം ചെയ്യുന്നുണ്ട് സർവലോകസ്യ ചക്ഷുരവി അങ്ങനെ സർവപ്രാണികൾക്കും അത് ചക്ഷുവായിരിക്കുന്നു സൂര്യൻ എങ്ങനെ പ്രാണികളുടെ കണ്ണാകുന്നു അതിനാണ് ഇവിടെ പറഞ്ഞത് കണ്ണാകുക എന്ന് പറഞ്ഞാൽ കണ്ണിന് സഹായം ചെയ്യുന്നു എങ്ങനെ സൂര്യൻ പ്രകാശം കൊടുത്ത് എല്ലാ കണ്ണുകളെയും സഹായിക്കുന്ന വസ്തുക്കളെ കാണുന്നത് അങ്ങനെ സഹായിക്കുമ്പോൾ ആ കണ്ണുകൾ കാണുന്നത് നല്ലത് മാത്രമാണ് സൂര്യന്റെ പ്രകാശത്തിൽ നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ കാണുന്നു ആ പി അങ്ങനെയാണെങ്കിലും സന്നലിപ്യത അപി സങ്ങനെയാണെങ്കിലും എന്താണ് അത് ഒന്നിനോടും അത് ഒന്നിനോടും അത് ബന്ധിക്കപ്പെടുന്നില്ല ഒന്നിനോടും അത് ഒട്ടുന്നില്ല ഒരു ദോഷങ്ങളും അവനെ ബാധിക്കുന്നില്ല സൂര്യനെ ദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ല അശുദ്ധ വസ്തുക്കളെ കാണുന്നവന് അവനശുദ്ധി ബാധിക്കുന്നു സന്ത് വസ്തുക്കളെ കാണുന്നവന് അവനെ ശുദ്ധി ബാധിക്കുന്നു അശുദ്ധമായ വസ്തുക്കളെ കാണുമ്പോ അവന്റെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുന്നു അതിൽ അവനെ ബാധിക്കുന്നു കാഴ്ചക്കാരനെ ബാധിക്കുന്നു പക്ഷെ സൂര്യനെ അതൊന്നും ബാധിക്കുന്നില്ല ചാക്ഷുഷി അശുച്യാതി ദർശനത്മികമായി ശരീരത്തിൽ സംഭവിക്കുന്ന പാപദോഷി പാപദോഷങ്ങളാൽ അങ്ങനെ ചാക്ഷുഷി ചുര ഇന്ദ്രിയം കൊണ്ടുണ്ടാകുന്ന അശുദ്ധി ദർശന കൊണ്ടും മറ്റുമുണ്ടാകുന്ന ആ പാപദോഷങ്ങൾ കൊണ്ടൊന്നും നലിപ്പിയതേ ആ സൂര്യൻ ബന്ധിക്കപ്പെടുന്നില്ല സൂര്യനെ ബാധിക്കുന്നില്ല അതുപോലെ ബാഹ്യിച്ച അശുച്യാതി സംസർഗദോഷി കണ്ണിനെ കാണുന്നതിന് സഹായിക്കാൻ മാത്രമല്ല ആ സൂര്യരശ്മികൾ ആശുദ്ധ വസ്തുക്കളിലെല്ലാം പതിക്കുന്നുണ്ട് അതാണ് അശുച്യാതി സംസർഗ ദോഷി സൂര്യരശ്മികളിൽ അശുദ്ധ വസ്തുക്കളിൽ പതിക്കുന്നു എന്നുള്ളത് കൊണ്ട് സൂര്യന് ദോഷം വരുന്നില്ല അശുദ്ധ വസ്തുക്കളെ കണ്ണിന് കാണിച്ചു കൊടുക്കുന്നു അതിന് സഹായകമായി നിന്നുകൊണ്ട് കണ്ണിനെ കാണിച്ചുകൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് സൂര്യന് ദോഷം വരുന്നില്ല അങ്ങനെ വരാതിരിക്കുന്നത് പോലെ ദോഷം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അശുദ്ധ വസ്തുക്കളെ കാണുന്നവന് അവന്റെ മനസ്സിന് മാലിന്യം വരുന്നു അവന്റെ മനസ്സിലുടനെ തന്നെ ദുർഭാവന വരുന്നു ആ ഭാവനയ്ക്കനുസരിച്ച് മനസ്സിൽ ദോഷങ്ങൾ കടന്നു വരുന്നു കാണുന്ന വസ്തുവിനനുസരിച്ച് മനസ്സിൽ ചിന്ത വരുന്നു ആ ചിന്ത വിരുദ്ധമായി വരുമ്പോൾ അവിടെ മനസ്സിൽ ദോഷങ്ങൾ വരുന്നു സദ്വസ്തുക്കളെ കാണുമ്പോൾ മനസ്സിൽ സദ്ഭാവന വരുന്നു മനസ്സിലവിടെ പുണ്യം വരുന്നു പാവത്തിന് പകരം അതുപോലെ തന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് സൂര്യന് ദോഷമൊന്നും വരുന്നില്ല ഇനി ആ സൂര്യ രശ്മികൾ നേരിട്ട് അശുദ്ധ വസ്തുക്കളിൽ പതിച്ചാലും ആ സൂര്യനിൽ യാതൊരു മാലിന്യവും ഏശുന്നില്ല അശുദ്ധിയും ആ സൂര്യ രശ്മിയിലേക്ക് പകരുന്നില്ല പക്ഷേ ജീവൻ എങ്ങനെയാണ് അവൻ അശുദ്ധ വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അശുദ്ധി അവനും അവന്റെ മനസ്സിനെ ബാധിക്കുന്നു അത് അശുദ്ധമാണെന്നുള്ള വിചാരം ഉടനെ കടന്നു വരുന്നു മനസ്സശുദ്ധമാകും അശുദ്ധ ഭാവന മനസ്സിൽ വരുന്നു അത് അവന്റെ മനസ്സിനെ ബാധിക്കുന്നു സൂര്യനത് ബാധിക്കുന്നില്ല ഒരു അശുദ്ധിയും സൂര്യനും എത്തിച്ചേരുന്നില്ല അതുപോലെ സർവഭൂതാന്തരാത്മാർവഭൂതങ്ങൾക്കും അന്തരാത്മാവായിരിക്കുന്നവൻപിതേ ലോകദുഃഖേന ലോകദുഃഖേന ഈ ലോകദുഃഖങ്ങൾ കൊണ്ടൊന്നും അവൻ ബന്ധിക്കപ്പെടുന്നില്ല സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന സൂര്യൻ എങ്ങനെയാണോ ഇതിലെല്ലാത്തിലുമുണ്ട് സർവ്വത്ര സൂര്യൻ എത്തിച്ചേരുന്നുണ്ടെങ്കിലും ഒന്നുമായിട്ടും അതിന് ബന്ധമില്ല ഒരു മാലിന്യം അതിനെ ബാധിക്കുന്നില്ല അതുപോലെ ലോകദുഃഖേന ഈ ലോകത്തിലെ ഒരു ദുഃഖവുമായിട്ടും ആ പരമാത്മാവിന് അത് സർവവ്യാപിയാണ് സർവ്വത്ര അത് സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതിന് ബന്ധമില്ല മറിച്ച് ബാഹ്യഹ ബാഹ്യനായി തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പരമാത്മാവിന്റെ സ്വരൂപം അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് ഒരു ജീവൻ മുക്തി എന്നുള്ളത് സാധ്യമായിത്തീരുന്നത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മുക്തി അസംഭവമായി തീരും അതായത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനം കൊണ്ടോ മനനം കൊണ്ടോ ഒക്കെ ഒരാൾ ആത്മാവിൽ സമ്പാദിച്ചെടുക്കുന്ന ഒരവസ്ഥയാണ് മുക്തിയെങ്കിൽ അതിന് ആ അവസ്ഥയിൽ തുടരാൻ കഴിയത്തില്ല അങ്ങനെ പ്രാപിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും അതും കൃത്രിവുമായിരിക്കും അതുകൊണ്ട് മുക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണെന്ന് പറയും ആത്മാവിന്റെ സ്വരൂപം എങ്ങനെയായിരിക്കണം അത് ഈ പറയുന്ന തരത്തിൽ അസംഗമായിരിക്കണം അങ്ങനെ അസംഗമായ ഒരു സ്വരൂപം ആത്മാവിനുണ്ടെങ്കിൽ മാത്രമേ മുക്തിപറയുന്നത് സാധ്യമാകത്തുള്ളൂ എന്നാണ് ഇവിടെ അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നത് ആ അസംഖമായ സ്വരൂപം എന്ന് പറയുന്നത് ആ ജീവന്റെ പരമാത്മ സ്വരൂപമാണ് അതിന്റെ സ്വതയുള്ള അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് ഒരു ജീവന് പരമാർത്ഥത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മുക്തി എന്ന് പറയുന്നത് സംഭവിക്കാം എന്നാണ് അതുകൊണ്ട് പരമാത്മാവിനെ എങ്ങനെയാണോ നിർവചിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീവൻ മുക്തനെയും നിർവചിക്കുന്നത് മുക്തനോ അപ്രകാരം തന്നെ സ്ത്രീപ്യതയെ ലോകദുഃഖേനോ മുക്തനും ഒരിക്കലും ലോകദുഃഖങ്ങളാൽ ജീവന്മാരുടെ ദുഃഖങ്ങളാൽ ഒരിക്കലും ആ മുക്തനും ബന്ധിക്കപ്പെടുന്നില്ല ആ മുക്തനെയും ഇതൊന്നും ബാധിക്കുന്നില്ല എന്തുകൊണ്ടത് ആ മുക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്വാത്ന നിജസ്ഥിതിയാണ് ആത്മനിഷ്ഠയാണ് അവിടെ ലോകദുഃഖങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല പറയുന്നുണ്ട് ലോക ദുഃഖങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് മുക്തനല്ല എന്നുള്ളത് പക്ഷെ അത് വേറെ തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് അങ്ങനെ ലോക ദുഃഖങ്ങൾ ലോകത്തിന്റെ നന്മതിന്മകളൊന്നും മുക്തനെ ബാധിക്കുന്നില്ല എങ്കിൽ ഒരാൾക്ക് താൻ മുക്തനാണ് പരമാത്മാവാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് തന്റെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാമോ എന്നാണ് ഒരാൾക്കങ്ങനെ എന്താണ് പരമാത്മാവിന്റെ സ്വരൂപം എന്ന് ശരിയായി ധരിച്ച് ഭാവന ചെയ്യാമെങ്കിൽ അയാൾക്ക് പിന്നീട് മറിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല പക്ഷെ ആ പരമാത്മ സ്വരൂപത്തെ ശരിയായി ധരിക്കാതെ ഒരാൾ കൃത്രിമമായി അയാളുടെ വാസനക്കനുസരിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പ്രവർത്തിച്ചു പോവും അങ്ങനെ പ്രവർത്തിക്കുന്നതൊന്നും മുക്തന്റെ ലക്ഷണമല്ല മുക്തൻ എന്ന് പറയുന്നത് ഗുരുസാക്ഷാത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് അപ്പൊ ആ മുക്തനിൽ അങ്ങനെ ദുരാചാരങ്ങൾ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല അതായത് അത് ബാധിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ എല്ലാം ആകാമോ എന്നാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മുക്തി സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് മുക്തന്റെ സ്വരൂപം അസംഗമാണ് ഈശ്വര സ്വരൂപമാണ് പാപദോഷങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് പാപാചരണമാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമായിപ്പോ അപ്പേ ഏതു ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ശ്രുതവന്തോപി വിദ്വാനാണ് ആത്മതത്വം എന്നാ ശ്രവിച്ചിട്ടുണ്ട് ധാരാളം വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രുതവാനാണെങ്കിലും അർപ്പയന്തി ദുർമാർഗത്തിൽ കാൽ ഊന്നിപ്പോകുന്നു എന്നാണ് അറിയാതെ വാസനാബലം കൊണ്ട് സംഭവിക്കാം അപ്പൊ ജ്ഞാനത്തിന്റെ മഹത്വമല്ല അങ്ങനെ എന്തെങ്കിലും ദുർമാർഗത്തിൽ ഒരാൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് രജോ നിമേദിതാഹ ശരീരത്തോടുകൂടിയിരിക്കുമ്പം ഇത്ര ഗുണങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതിൽ രജസിന്റെ ആധിക്യം വരുമ്പോ രജസ് കൊണ്ട് അയാളുടെ വിവേകത്തെ വിവേകം മൂടപ്പെടുമ്പോ ചിലപ്പോ അർപ്പയന്തി ചിലപ്പോ അയാൾ ദുർമാർഗത്തിലേക്ക് കാലെടുത്ത് ചവിട്ടി പോകും അത് ഒരു വീഴ്ച തന്നെയാണ് ഒരു തകരാർ തന്നെയാണ് അതിൽ ഒരിക്കലും അയാളുടെ ജ്ഞാനാഭ്യാസമായിട്ടൊന്നും ഗ്രഹിക്കാൻ പാടില്ല എന്നാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ നമ്മൾ കൂട്ടിപ്പഴയ്ക്കാൻ പാടില്ല എവിടെയെങ്കിലും അബദ്ധ സഞ്ചാരം കാണുന്നുണ്ടെങ്കിൽ അതും അവധൂതനാണെന്ന് ധരിച്ച് അതിന്റെ പിറകെ നടക്കാൻ പാടില്ല എന്തുകൊണ്ട് രജോ നിമേലിതാഹ നിമിഷ നേരത്തേക്ക് അവരുടെ വിവേകത്തെ രജസ് മൂടിക്കളയും അവരുടെ അന്ധകര ശുദ്ധിയെ കിടത്തിക്കളയും എന്തുകൊണ്ട് പൂർവ്വവാസനകൾ പ്രബലമായി വരുന്നതുകൊണ്ട് അതൊന്നും ഒരിക്കലും തത്വജ്ഞാനത്തിന്റെ അടയാളമല്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആൾ ശ്രുതവാൻ പറയിക്കുന്ന ശ്രുതമെന്തോ ശ്രുതവാനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചുകൊണ്ട് പക്ഷെ സംഭവിച്ചു പോകുന്നു സംഭവിക്കുന്നു എന്തുകൊണ്ട് അവിടെ വാസന പ്രബലമായി വരുമ്പോൾ വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നു സംഭവിച്ചു പോകുന്നു സംഭവിച്ചു പോയാൽ പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല തല്ലുകൊടുത്തിട്ടും കാര്യമില്ല സംഭവിച്ചു പോവുകയാണ് അങ്ങനെ സംഭവിക്കാം സംഭവിക്കുന്നതിനുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് ശ്രുതവാനാണെങ്കിൽ കൂടിയും അതൊന്നും ഒരിക്കലും ജ്ഞാനത്തിന്റെ മഹത്വമായി ഗ്രഹിക്കരുതെന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആകാമെന്ന് വന്നുകഴിഞ്ഞാൽ സാധകന്മാരും ചിന്തിക്കും എന്താണ് അങ്ങനെയും നമുക്കും തൽക്കാലം ജ്ഞാനിയാകാം കുറച്ചുകൂടി സ്വാതന്ത്ര്യവും സൌകര്യവും ഒക്കെ ഭക്തന്മാരുടെ അടുത്ത് പറയാം ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് പറയുകയും ചെയ്യാം അപ്പൊ അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കൊളിക്കാൻ പാടില്ല ഈശ്വരന്റെ സ്വരൂപം നിസ്സംഗമാണ് ജ്ഞാനിയും നിസ്സംഗനാണ് അതുകൊണ്ട് തന്നെ ബാഹ്യമായി അനുകരിച്ചിട്ട് ഒരാൾ അബദ്ധത്തിൽ പദം ഊന്നിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ജ്ഞാനത്തിന്റെ അടയാളമായി മാറത്തില്ല ീടെ മഹത്വം ആകത്തില്ല അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിനെ ഇത്തരം ഭാഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ആരും മറ്റൊരു തരത്തിൽ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വാസനാപ്രേരിതമായി പാടില്ല എന്നുള്ള കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരമാർത്ഥത്തിൽ അതാണ് സംസർഗദോഷേ ഒരു സംസർഗദോഷം കൊണ്ടും എന്നർത്ഥം പരമാത്മാവിൽ തന്നെയാണ് സർവ്വ നന്മകളും തിന്മകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറൊരിടത്തുമല്ല എല്ലാ ഹിംസകളും സംഭവിക്കുന്നത് അവിടെ പക്ഷേ എന്താണ് നായം ഹന്തിന് ഹന്യത എന്നുള്ള അവസ്ഥയിൽ പരമാത്മാവ് സർവ്വമുക്തനായി സ്ഥിതി ചെയ്യുന്നു മുക്തപുരുഷനും അങ്ങനെ സ്ഥിതി ചെയ്യുന്നു ലോക ഒരിക്കലും അവരെ ബാധിക്കുന്നില്ല ദേശം പോലും അവരെ സ്പർശിക്കുന്നില്ല എന്ന അതിനെ മാത്രമേ മുക്തിയെന്ന് പറയാൻ പറ്റൂ ലോക ദുഃഖങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കെ അത് ബാധിക്കാതെ ഒരു ജീവൻ സ്ഥിതി ചെയ്യുമ്പോൾ അത് തന്നെയാണ് മുക്തി അതിനു മാത്രമേ മുക്തി എന്ന് പറയാൻ പറ്റൂ അത് തന്നെയാണ് പരമാത്മാവിന്റെ സ്വരൂപവും അതൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ബാഹ്യഹ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം അതീതനായി ആത്മാവ് സദാസ്ഥിതി ചെയ്യുന്നു യഥാ എപ്രകാരമാണോ സൂര്യ സൂര്യദേവൻ സർവലോകസി ചു സർവലോകത്തിനും സർവ്വജീവന്മാർക്കും ചക്ഷുവായി വർത്തിച്ചുകൊണ്ട് ചാക്ഷുഷേഹി ബാഹ്യദോഷേഹി ചാക്ഷുഷങ്ങളായിരിക്കുന്ന ബാഹ്യദോഷങ്ങളാൽ ന നിപ്യതയെ ബാധിക്കപ്പെടാതിരിക്കുന്നത് തഥ അതുപോലെ തന്നെ സർവഭൂതാന്തരാത്മാ സർവപ്രാണികൾക്കും അന്തരാത്മാവായിരിക്കുന്ന ഏകൻകനാണ് അദ്വേനാണ് അങ്ങനെയിരിക്കുന്ന പരമാത്മാവ് ലോകദുഃഖേന ലോകദുഃഖത്താൽ ന നിപ്യത ബാധിക്കപ്പെടുന്നില്ല ബന്ധിക്കപ്പെടുന്നില്ല മറിച്ച് ബാഹ്യഹ അവൽ ദുഃഖാതീതനായി സദാ വർദ്ധിക്കുന്നു അതുകൊണ്ട് ഈശ്വരൻ ഇങ്ങനെ ഒരു സ്വരൂപം ഉള്ളതുകൊണ്ട് ഒരു ജീവന് മുക്തിപദവിയെ പ്രാപിക്കാം ഈശ്വരന്റെ ഈ സ്വരൂപം നിത്യമായിരിക്കുന്നോണ്ട് അവനും നിത്യമുക്തനായി തീരുന്നു സൂര്യോ യഥാ സർവലോകുഹോ ഭവം ദുഃഖം വിശദീകരണ ഒരുപത്തി പറയണം ലോകം എന്ത് ചെയ്യുന്നു ജീവന്മാര് അവിദ്യയാ സ്വാത്മനി അധ്യസ്ഥതയാമകർമോദ്ഭവം ദുഃഖം അനുഭവതീ ദുഃഖം സദാ സ്ഥിതി ഈ ജീവനും പക്ഷെ ആ ജീവ ആ ദുഃഖത്തെ അനുഭവിക്കുന്നു അനുഭവിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ബദ്ധനായ ജീവനും മുക്തനായ ജീവനും തമ്മിൽ അവിദ്യയാ സ്വാത്മനി അധ്യസ്ഥതയാ ആ ദുഃഖങ്ങൾ അവിദ്യ കൊണ്ട് തന്നിൽ ആരോപിച്ചിരിക്കുകയാണ് അജ്ഞാനം കൊണ്ട് സ്വാത്മനി തന്നിൽ തന്നെ അധ്യസ്ഥമാണ് ആരോപിച്ചിരിക്കുകയാണ് ഇതാണ് ബന്ധനസ്ഥനായ ജീവനിൽ സംഭവിക്കുന്നത് ആശയം മുക്തനിലാണെങ്കിലോ അവിദ്യ കൊണ്ടോന്നും തന്നിൽ ആരോപിച്ചിരിക്കുന്നില്ല അങ്ങനെ ആരോപിച്ചിരിക്കുന്നത് കൊണ്ട് കാമകർമ്മ ഉദ്ഭവം ദുഃഖം കാമകർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖം അത് ുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സർവ്വ ദുഃഖത്തിനും കാരണം കാമം ആ കാമത്തിൽ നിന്നുണ്ടാകുന്നതാണ് കർമ്മം കർമ്മദ്വാരുഃഖത്തെ ജീവൻ സ്വീകരിക്കുന്നു അനുഭവിക്കുന്നു അനുഭവിക്കുന്നു അങ്ങനെയുള്ള ദുഃഖത്തെ തന്നിൽ അധ്യസിക്കുന്നില്ല ആരോപിക്കുന്നില്ല ആ മുക്തന് ദുഃഖങ്ങൾ ബാധിക്കുന്നില്ല ജീവൻ മുക്തന് അവിടെ ദുഃഖം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ദുഃഖം ില്ല മുക്തൻ കാണുന്നുണ്ട് ദുഃഖത്തെ പക്ഷെ അതിനോട് ഊട്ടിച്ചേരുന്നില്ല അതിൽ നിന്ന് വിട്ടു നീക്കുന്നു ദുഃഖത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനോട് താതാത്മ്യപ്പെടാതെ നീക്കുന്നു അപ്പൊ അസമിയും അജ്ഞനാണെങ്കിലോ ആ ദുഃഖത്തെ അവിവേകം കൊണ്ടു അറിയാതെ അതിനോട് താതാത്മ്യപ്പെടുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നതു സ പരമാർത്ഥ സ്വാത്മിനി മുക്തൻ അറിയാൻ എന്താണ് പരമാർത്ഥത്തിൽ അത് സ്വാത്മിനി തന്നെ നിലനിൽക്കുന്നില്ല എന്ന് മുക്തൻ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കാതിരിക്കുന്നവനാണ് ബദ്ധൻ യഥാ രജു ശുക്തിക ഊഷ ഗഗനേഷു സർപ്പ രജത ഉദഗ മലാനി എങ്ങനെയാണോ രജ്ജു രജ്ജുവിൽ സർപ്പം ശുക്തിയിൽ രജതം ഊഷരദേശം ൂശ് മരുഭൂമി അവിടെ ഉദകം ജലം ഗഗനം അവിടെ മലം അഴുക്ക് ഇതെല്ലാം കൽപ്പിക്കുന്നത് ഇതെല്ലാം അജ്ഞൻ കൽപ്പിക്കുന്നു അധ്യസിക്കുന്നു ആരോപിക്കുന്നു അവിടെ ഉണ്ടെന്ന് കരുതുന്നു രജുവിൽ സർപ്പമുണ്ടെന്ന് കരുതുന്നു ശക്തിയിൽ രചതമുണ്ടെന്ന് കരുതുന്നു ഊഷരദേശത്ത് മരുഭൂമിയിൽ ജലമുണ്ടെന്ന് കരുതുന്നു ആകാശത്ത് പൊടിപടലങ്ങളും അഴുക്കുകളും ആകാശത്തിന്റേതാണെന്ന് കരുതുന്നു രജ്വാദീന സ്വത ദോഷ രൂപമാണ് സന്ധി ഇതൊന്നും എന്താണ് ഷജ്വാദികളിൽ സ്വതേയുള്ള അതിൽ വാസ്തവം സ്വത എന്ന് വെച്ചാൽ വാസ്തവം സത്യത്തിലുള്ള ദോഷങ്ങളല്ല സത്യമായി അവിടെ സ്ഥിതി ചെയ്യുന്നില്ല പൊടിപടലങ്ങൾ കാണാം അതൊരിക്കലും ആകാശത്തിൻ്റെതല്ല അത് വായുവിൻ്റെതാണ് അതുപോലെ ജലം അവിടെ വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല സർപ്പം കയറിൽ വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല ഇതൊന്നും ആ വസ്തുക്കളിൽ സത്യമായി സ്ഥിതി ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കും സത്യമായി സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതുന്നതാണ് അധ്യാസം സത്യമായി സ്ഥിതി ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം അധ്യാസമുക്തി അധ്യാസത്തിൽ നിന്നുള്ള മോചനം അത് ജ്ഞാനിയിൽ സംഭവിക്കുന്നു ആജ്ഞനിൽ സംഭവിക്കുന്നില്ല ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു സംസർഗിണി വിപരീത ുദ്ധി അധ്യാസനിമിത്താത് ദോഷാദ് ഈ വസ്തുക്കൾ എവിടെയാണോ ഇതെല്ലാം കാണപ്പെടുന്നത് ആ വസ്തുക്കളിൽ അല്ലെങ്കിൽ ഏതൊരു ജീവനാണോ ഇതെല്ലാം അനുഭവപ്പെടുന്ന അവനിൽ വിപരീത ബുദ്ധി അധ്യാസനിമിത്ത വിപരീത ബുദ്ധിയുടെ ആരൂപം കൊണ്ട് ജീവനിൽ എങ്ങനെ സംഭവിക്കുന്നു ഈ ദുഃഖം ഇതെന്റെ ദുഃഖമാണ് എന്ന് കരുതുന്നു ജീവന്റെ അന്ധകരണത്തിൽ വിഷയ സംസർഗം കൊണ്ടോ പൂർവ്വം വാസന ജന്യമായോ ദുഃഖം പ്രകടമാകുമ്പോ ഉടൻ അതിനോട് താതമ്യപ്പെട്ടിട്ട് വിപരീത ബുദ്ധി അധ്യാസ നിമിത്ത വിപരീത ബുദ്ധി വരുന്നു ഇതെന്റേതാണ് ഈ ദുഃഖം എന്ന് ഒരു ദുഃഖം ഉള്ളിൽ കടന്നു വരുന്നതല്ല ആ ദുഃഖത്തെ എന്റേതാണെന്ന് കരുതുന്നിടത്താണ് വാസ്തവത്തിലുള്ള ദുഃഖ വരുന്നു ദുഃഖം വരുന്നു അത് കടന്നു പോവും ആ ദുഃഖം അവനെ ബാധിക്കത്തില്ല ദുഃഖം കടന്നുവരാം മുക്തനും ദുഃഖം കടന്നു വരുന്നുണ്ടെ വിഷയ സംസർഗം കൊണ്ട് കടന്നു വരാം ദുഃഖം പൂർവവാസനകൾ കൊണ്ട് കടന്നു വരാം വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ വിപരീത ബുദ്ധി അധ്യാസം അവിടെ സംഭവിക്കുന്നില്ല അവിടെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ദുഃഖം അത് ജഡമാണ് ജഡത്തിൻ്റേതാണ് അന്തൊക്കെ തന്നെ ധർമ്മമാണ് എന്ന് തിരിച്ചറിയാതെ വിപരീത ബുദ്ധി വരുന്നതെന്താണ് അഹന്ത പ്രേരിതമായി അതെന്റേതാണെന്ന് കരുതുന്നു അങ്ങനെ കരുതുന്നത് കൊണ്ടെന്ന് വരുന്നു അതാണ് വിപരീത അധ്യാസ നിമിത്തോഷ വിഭാവ്യന്റെ സംസാരിൽ അത് ദോഷമായിത്തീരുന്നു അനുഭവപ്പെടുന്നു അവൻ ദുഃഖിതനായിത്തീരുന്നു ഞാൻ ദുഃഖിതനാണ് ആത്മാവിനോട് തന്നോട് താതാന്യപ്പെടുന്നു എന്നിട്ട് ഞാൻ ദുഃഖിയാണ് ദുഃഖിക്കുന്നു ദുഃഖി എന്നുള്ള അനുഭവം ഉണ്ടാവും വിവേകയിൽ ജ്ഞാനിയിൽ മുക്തനിൽ അത് സംഭവിക്കുന്നില്ല ജീവൻ മുക്തനിൽ അവർക്കെങ്ങനെ ഇരുന്നു നദ്ശാം ലേപ ജ്ഞാനികൾക്ക് തദ്ദോഷേഹി ഈ ദോഷങ്ങൾ അവരുടെ അന്ധകരണത്തിലേക്ക് കടന്നുവരുന്ന ഈ ദോഷങ്ങൾ കൊണ്ടൊന്നും എന്താണ് തേശാം ന ലേപ അവർക്ക് ബന്ധമുണ്ടാകുന്നില്ല ലേപം ബന്ധം ഉണ്ടാകുന്നില്ല ബന്ധമെന്ന് പറയുന്നത് അതിനോടുള്ള താതാന്യമാണ് ആ ദോഷത്തെ തന്റേതായി ധരിക്കുക ഞാൻ ദുഃഖിയാണ് എന്ന് ധരിക്കാതെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് വിപരീത ബുദ്ധി അധ്യാസ ബാഹ്യാഹിത്യെ പറയുന്നു ജ്ഞാനികൾ വിപരീത ബുദ്ധി പുറത്താണ് അവരുടെ നില ആണ് ബാഹ്യ എന്ന് നേരത്തെ പറഞ്ഞു വിപരീത ബുദ്ധികളോട് താതാന്യപ്പെടുന്ന ഒരവസ്ഥയ്ക്ക് അപ്പുറമാണ് ആ ജീവന്മാർ സ്ഥിതി ചെയ്യുന്നത് അധ്യാസ തലത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കുന്നു എന്നർത്ഥം എങ്ങനെയാണോ മറ്റൊരു ജീവന്റെ അന്ധക്കരണത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അന്യജീവനെ ബാധിക്കാതിരിക്കുന്നത് ഒരു ജീവന്റെ അന്ധക്കരണത്തിലുള്ള ദുഃഖങ്ങൾ മറ്റൊരു ജീവനെ ബാധിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു ജീവന്റെ അന്ധകരണത്തിലുള്ള ദുഃഖങ്ങളുമായി മറ്റൊരു ജീവന് താതാന്തിപ്പെടാൻ കഴിയുന്നില്ല അയാൾക്കതിനോട് താതന്യപ്പെടണമെങ്കിൽ തന്റെ അന്ധകരണത്തിൽ ആ ദുഃഖം ഉണ്ടാകണം ദുഃഖമുണ്ടാകുന്നത് അന്ധകരണത്തിലാണ് ആത്മാവിനെ ഒരു ജീവന്റെ അന്ധകരണത്തിൽ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖത്തോട് ആ ജീവന് മാത്രമേ താതന്മ്യപ്പെടാൻ പറ്റൂ മറ്റൊരു ജീവൻ ആ ദുഃഖത്തോട് താതാമ്യപ്പെടാൻ ഒരു കാരണവശാലും കഴിയില്ല അതെന്റെ ദുഃഖമാണെന്ന് കരുതാൻ ഒരിക്കലും കഴിയില്ല എന്തുകൊണ്ട് അവിടെ അന്ധകരണങ്ങൾ ഭിന്നങ്ങളായിരിക്കുന്നു തന്റെ അന്ധകരണവുമായേ തനിക്ക് താതമ്യപ്പെടാൻ പറ്റും മറ്റൊന്നുമായിട്ട് താതമ്യപ്പെടാൻ കഴിയത്തില്ല അതുകൊണ്ട് അവിടെ താതാന്മ്യ അധ്യാസമില്ല അതുകൊണ്ട് ആ ദുഃഖം തൊട്ട് താതാന്യപ്പെട്ട് അന്യ ജീവി ദുഃഖിക്കുന്നില്ല അതുതന്നെയാണ് മുക്തന് സംഭവിക്കുന്നത് മുക്തൻ ഒരു അന്ധകരണവുമായും താതമ്യപ്പെടുന്നില്ല തന്റെ അന്ധകരണവുമായോ മറ്റ് ജീവന്മാരുടെ അന്ധകരണങ്ങളുമായോ താതന്യപ്പെടാത്തതുകൊണ്ട് എല്ലാം അന്യമായിരിക്കുന്നുണ്ട് എല്ലാ അന്ധകരണങ്ങളും അന്യമായിരിക്കുന്നുണ്ട് ഒരു ദുഃഖം ഒരു അന്ധകരണത്തിലും ഉണ്ടാകുന്ന ദുഃഖങ്ങളോട് താതാന്യപ്പെടാത്തത് കൊണ്ട് ആ ജീവൻ മുക്തൻ ഒരിക്കലും ദുഃഖിതനായിത്തീരുന്നില്ല വിപരീത ബുദ്ധി അധ്യാസം ഇവിടെ സംഭവിക്കുന്നില്ല വിപരീത ബുദ്ധി അധ്യാസ ബാഹ്യ വിപരീത ബുദ്ധി അധ്യാസ ബാഹ്യന്മാരാണ് തേ അവർ അവരുടെ ദുഃഖം സംഭവിക്കുന്നില്ല എന്നർത്ഥം അതിനോട് താതമ്യപ്പെടുന്നില്ല എന്നർത്ഥം നിസ്സംഗമായ ആത്മസ്വരൂപത്തെ സ്വരൂപസ്ഥിതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ആ സ്വരൂപസ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന ആത്മശാന്തിയും ആത്മാനന്ദവും അതുമാത്രമേ സമയമായിട്ടുള്ളൂ അനുഭവമായിട്ടുള്ളൂ മറ്റു പ്രാപഞ്ചികമായിട്ടുള്ള കാമക്രോധം ദുഃഖ സുഖ വികാരങ്ങളൊന്നും തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നില്ല അങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുകയാണ് മുക്തനല്ല മുക്തനല്ല അതൊന്നും തന്നെ സ്ഥിതി ചെയ്യത്തില്ല എന്നാണ് അല്ലെങ്കിൽ മുക്തി തന്നെ നിഷ്പ്രയോജനമായി പോകും വീണ്ടും മുക്തനിൽ ഇതെല്ലാം സംഭവിക്കുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ അധ്യാസം ദശിച്ചിരിക്കുന്നു ഒന്നിനോടും താതാത്മ്യപ്പെടാതിരിക്കുന്നു പക്ഷെ മുക്തന്റെ അന്ധകരണത്തിലും ഇത്തരം വികാരങ്ങൾ കടന്നു വരാം പക്ഷെ അതോടൊന്നും മുക്തൻ താതാത്മ്യപ്പെടുന്നില്ല എന്നാണ് യഥാത്മനി സർവോലോകാരകഫലാത്മകം വിജ്ഞാനം സർപ്പാദിസ്ഥാനീയം വിപരീതമധ്യസ്യ തന്നിമിത്തം ജന്മ മരണാതി ദുഃഖമനുഭവത്തിമനി തന്നിൽ തന്നെ സർവോലോക സർവജീവന്മാരും ക്രിയാകാരക ഫലാത്മകം വിജ്ഞാനം കർമ്മത്തെക്കുറിച്ച് കർമ്മം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളെക്കുറിച്ച് കർമ്മഫലത്തെക്കുറിച്ച് എല്ലാമുള്ള അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് സർപ്പാദിസ്ഥാനിയും അത് വാസ്തവത്തിൽ രജ്ജിവരെ സർപ്പം പോലെയുള്ളൂ എല്ലാം എന്താണ് വിപരീതമാണ് ആത്മാവിനോട് ആത്മാവിന്റെ സ്വരൂപത്തോട് ഒരിക്കലും യോജിക്കാത്തതാണ് അതിനെല്ലാം അധ്യസ്യ ഇല്ലാത്തതിനെല്ലാം ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഇല്ലാത്തതിനോടെല്ലാം താതാന്മ്യപ്പെട്ടുകൊണ്ട് തന്നിമിത്തം ആധ്യാസ നിമിത്തമായി ആ താതാന്മ്യ നിമിത്തമായി ജന്മം മരണം ജീവിതം തുടങ്ങിയ നിരവധി ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അത് സർവോലോക സർവപ്രാണികളും മനുഷ്യൻ മാത്രമല്ല പശുപക്ഷാദികളല്ല അതേസമയം ആത്മാവാണെങ്കിലോ നതു ആത്മാർവലോകിസൻ വിപരീത അധ്യാരോപനിമിത്തേന ലിപ്യത ഇന്നതു ആത്മാ പരമാത്മാവിനോ സംഭവിക്കുന്നില്ല മുക്തന് സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ജീവനെ പറയുന്ന അയാൾക്ക് അയാൾ സർവലോകാത്മാവല്ല അയാളുടെ ലോകമെന്ന് പറയുന്നത് ഈ ശരീരമാണ് ഈ ശരീരമാകുന്ന ലോകത്തിന്റെ ആത്മാവാണ് അയാൾ മറിച്ച് സർവലോകാത്മാവല്ല സർവപ്രാണികളുടെയും ആത്മാവല്ല സർവ്വ ശരീരങ്ങളുടെയും അതുകൊണ്ട് പരമാത്മാവിന്റെ സർവലോകാത്മാവായിക്കൊണ്ട് വിപരീത അധ്യാസോഷനിമിത്തേന വിപരീത അധ്യാസോഷ നിമിത്തമായി വിപരീത താതാത്മ്യ നിമിത്തമായി ലിപ്യത ബന്ധിക്കപ്പെടുന്നു ലോകദുഃഖേന ഈ ലോകത്തിലുള്ള ലോകദുഃഖം എന്ന് വെച്ചാൽ ഈ ശരീര സംബന്ധമായി വരുന്ന ദുഃഖം ശരീര താതാത്മ്യം കൊണ്ടുവരുന്ന ദുഃഖം ആ ദുഃഖത്താൽ ബന്ധിക്കപ്പെടുന്നു എന്നത് ുഃഖങ്ങളുമായി ഒരിക്കലും അനുബന്ധമുണ്ടാകുന്നുണ്ട് അപ്പൊ ദുഃഖങ്ങൾ മുക്തനും ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതും നമ്മൾ ലൗകികബുദ്ധി ധരിച്ചു കളയുന്നത് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോ ആ കഷ്ടപ്പാടിനോട് സഹതാപം തോന്നാത്ത മനസ്സിന്റെ ഒരുതരം കാഠിന്യം അതാണ് മുക്തി അങ്ങനെ ധരിക്കരുത് അതെല്ലാം അജ്ഞാന അവസ്ഥകളാണ് ഒരാൾ അടുത്തിരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ദുഃഖം വരുമ്പോ ആ ദുഃഖത്തോട് മനസ്സിന്റെ ഒരു സഹതാപം തോന്നാതെ ഞാൻ മുക്തനാണ് എന്നെ ആ ദുഃഖം ബാധിക്കുന്നില്ല അയാൾ അനുഭവിച്ചോട്ടെ എന്ന് കരുതിയിരിക്കുന്ന ഒരുതരം മനസ്സിന്റെ ക്രൂരത അതല്ല മുക്തി എന്നിവിടെ പറയുന്നു അതൊന്നും മുക്തി അവസ്ഥയല്ല നമ്മൾ കൽപ്പിച്ചെടുക്കുന്ന കൃത്രിമ മുക്തികളാണ് മുക്തനെ കുറിച്ച് നമ്മൾ ചില ഭാവനകൾ ചെയ്യുന്ന മുക്തി ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് മുക്തനെ പോലെ ആയിത്തീരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ പരിശ്രമങ്ങളായിരിക്കും നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന മുക്തികളല്ല മറ്റുള്ളവരുടെ ദുഃഖമൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ആ നിസ്സംഗതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്താണ് മനസ്സിന്റെ ക്രൂരതയായിരിക്കും സഹജീവികളോട് സ്നേഹം തോന്നാതിരിക്കുക സഹതാപം തോന്നാതിരിക്കുക കാരണം തോന്നാതിരിക്കുക അതൊന്നും മുക്തിയുടെ അടയാള ഇവിടെ പറയുന്നത് എന്താണ് ഒരു ജീവനിൽ അധ്യാസനാശം കൊണ്ട് അജ്ഞാനനാശം കൊണ്ട് എത്തിച്ചേരുന്ന ആ പരമാത്മഭാവമാണ് അത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മനസ്സുകൊണ്ട് കൽപ്പിച്ചെടുക്കുന്ന ഭാവങ്ങളുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല വിരളും വെളിച്ചവും പോലെയാണ് അന്ധനെങ്ങനെയാണോ സൂര്യനൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് അതുപോലെയാണ് അജ്ഞന് മുക്തി അവസ്ഥയെ വിശദീകരിച്ചു കൊടുക്കുന്നത് ഒരിക്കലും അന്ധന് പൂർണമായി സൂര്യനെയോ പ്രകാശത്തെയോ ഗ്രഹിക്കാൻ കഴിയത്തില്ല പക്ഷെ ഊഹിക്കാൻ കഴിഞ്ഞു അതുപോലെ ഈ വിശദീകരണങ്ങളിൽ നിന്ന് ശ്രുതിയുടെ വിശദീകരണങ്ങളിൽ നിന്നും മുക്തി അവസ്ഥയെ ഊഹിച്ചാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കുന്ന ഒരിക്കലും അതിന്റെ പരമാർത്ഥമായ അവസ്ഥയല്ല അതുകൊണ്ട് മുക്തിയെ നമ്മുടെ എല്ലാ കൽപ്പനകളും കേവലം കൽപ്പനകൾ മാത്രമാണ് സ്വാനുഭവത്തിൽ എത്തുന്നതുവരെ അതുകൊണ്ട് നമ്മളുടെ കൽപ്പനകൾ അത് പരമാർത്ഥ സത്യമാണ് എന്ന് ധരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്ന ഇതൊന്നും വാക്യാർത്ഥത്തിൽ ഗ്രഹിക്കാൻ പാടില്ല ലക്ഷണാവൃത്തിയിലൂടെ ഗ്രഹിക്കണമെന്നും മറ്റും പറയുന്നതാണ് അത് പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ് ഇതിന് ഇതിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അതിന്റെ പരമാർത്ഥമാണെന്ന് ഒരിക്കലും ധരിക്കരുത് കാരണം ഇപ്പോഴും നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വാച്ച അർത്ഥത്തെയാണ് ലക്ഷ്യാർത്ഥത്തെ അല്ല ധരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നതിന്റെ അവസാനമാണ് ധരിക്കാൻ പാടില്ല അവസാനം എന്താണ് ഈ അധ്യാസനാശത്തിലൂടെ സംഭവിക്കുന്ന സ്വരൂപസ്ഥിതിയാണ് അത് അജ്ഞന്റെ അവസ്ഥയിലിരുന്ന് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല സ്വാനുഭവത്തിലൂടെ അത് പറ്റും അതുകൊണ്ട് കൃത്രിമമായി നമ്മൾ മുക്തിയെ സൃഷ്ടിക്കാൻ പാടില്ല സഹജമായി അത് പ്രാപ്തമാകുന്നതുവരെ കാത്തിരിക്കുക അതിനുള്ള ക്ഷമ അതാണ് വേണ്ടത് ആണ് പറയുന്ന എന്താണ് ലോക ദുഃഖേന ബാഹ്യ ദുഃഖങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് കാരണം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരും അങ്ങനെയാണെങ്കിൽ ലോകത്തെ ദുഃഖത്തിൽ മഹാത്മാക്കളും ദുഃഖിക്കുന്നു അവർക്ക് ആത്മവിദ്യ ഉപദേശിക്കുന്ന എന്താണ് ജീവനെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അപ്പൊ അവരുടെ മനസ്സിൽ സഹതാപം വരുന്നുണ്ടല്ലോ അത് വരാൻ പാടുണ്ടോ അത് വരാൻ പാടുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരും അതെല്ലാം അജ്ഞാനവിലാസിതമാണ് എന്നുവെച്ചാൽ നമ്മൾ നമ്മൾ മുക്തിയെ കുറിച്ചുള്ള നമ്മുടെ കല്പനകളിൽ നിന്നുണ്ടാകുന്നതാണ് ആ മുക്തന്റെ സ്വരൂപത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടെയില്ല എന്നുള്ളത് കുതഹ ബാഹ്യഹ എന്തുകൊണ്ട് പറയുന്നു ബാഹ്യഹ ആ മുക്തൻ സദാ ഈ ലോകത്ത് ജീവിക്കുന്നു ലോകവ്യവഹാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു ശാരീരികമായ വ്യവഹാരങ്ങൾ മാനസികമായ വ്യവഹാരങ്ങൾ ലോകക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് നിപ്യതയെ ലോകദുഃഖേണ് ഈ ലോകദുഃഖങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല ലോകദുഃഖങ്ങളോട് താതാന്യപ്പെടുന്നില്ല മറിച്ച് ബാഹ്യഹാർ ബാഹ്യനായിരിക്കുന്നു ലോകദുഃഖങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്നു രജ്വാദിവ ദേവ വിപരീത ബുദ്ധി അധ്യാസ ദുഃഖത്തിൽ നിന്ന് അതീതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണോ ആ രജുവിന് സർപ്പം കാണുമ്പോഴും ആ സർപ്പബാധയിൽ നിന്ന് രജു മുക്തനായിരിക്കുന്നു സർപ്പബാധ രജുവിനുണ്ടാകുന്നില്ല അതുപോലെ വിപരീത ബുദ്ധി അധ്യാസബാഹ്യവും വിപരീത നിന്നും ദുഃഖ ബാധകളിൽ നിന്നെല്ലാം ബാഹ്യനായിരിക്കുന്നു ആ മുക്തൻ മുക്തൻ ആ അധ്യാസങ്ങളിൽ നിന്നും ആ വിപരീത താതാത്മ്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നു സ്വതന്ത്രനായിരിക്കുന്നു അതുതന്നെയാണ് പരമാത്മാവിന്റെ സ്വരൂപം അതുതന്നെയാണ് മുക്തന്റെ സ്വരൂപം എന്ന് മന്ത്രത്തിന്റെ വ്യാഖ്യാന രൂപത്തിൽ ഇത്രയും കൂടി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവിടെയൊന്നും ശരിയായ ധാരണകൾ വരുന്നതിലും വന്നില്ലെങ്കിലും ദോഷമില്ല അവിടെ അജ്ഞാനം നിലനിൽക്കുന്നെയാണ് തെറ്റായ ധാരണകൾ വന്നു കഴിഞ്ഞാൽ അതൊരുപാട് അപകടത്തെ ചെയ്യും അതുകൊണ്ട് ശരിയായ ഒരു കാര്യം നമുക്ക് ധരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചൊരു ദോഷം ആ വിഷയത്തിൽ നമ്മൾ തികച്ചു അഞ്ചരായിരിക്കുന്നതാണ് വിപരീത ബുദ്ധിമുണ്ടാകുന്നതിനും നല്ലത് അതുകൊണ്ട് ഇവിടെ എന്താണോ ശ്രുതി പറയുന്നത് അതിന്റെ ശരിയായ താല്പര്യത്തെ നമ്മൾ ഗ്രഹിക്കണം അത് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും സ്പഷ്ടമായി ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഷ വ്യാഖ്യാനത്തിലൂടെ മാത്രമേ പല ഭാഗത്തും നമ്മൾക്ക് ശ്രുതിയുടെ ശരിയായ താൽപര്യത്തെ ഗ്രഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ശ്രുതിയെ താൽപ്പര്യത്തെ ഗ്രഹിക്കുന്നതിന് അത്രയും ഉയർന്ന അധികാരികളായിരിക്കണം അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഖ്യാനങ്ങളിലൂടെ തന്നെ കടന്നുപോയി അതിന്റെ ശരിയായ താൽപ്പര്യങ്ങളെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചാലേ പിന്നീട് മുമ്പോട്ട് നമുക്ക് ശരിയായ മാർഗ്ഗത്തിലൂടെ പോകാൻ കഴിയും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഷയത്തെ ഈ വ്യാഖ്യാനങ്ങളെ വിശദീകരണങ്ങളെ എന്നെ ആശ്രയിക്കുന്നത് ശ്രുതിയിൽ നിന്നും മനസ്സിലാകും ശരിയായ താല്പര്യം യോഗ്യതയുള്ളവർക്കത് മനസ്സിലാകും അതിന് കഴിയത്തില്ലെന്ന സൂര്യോ യഥാ സർവലോക ചക്ഷുഹോ നലിപ്പിയതേ ചാക്ഷുഷൈർബാഹ്യദോഷേ ലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യമാത്രമല്ല എകോ വശീ സർഭൂതരാത്മാ ൂപം ബഹുധായ കമാത്മസ്ഥം ഏനുപ്യ ധീരാ തുഖം ശാശ്വതം നീതരീക്ഷാ മന്ത്രങ്ങളിലെല്ലാം ആവർത്തിച്ചു വരുന്നൊരു പദമാണ് സർവഭൂതാന്തരാത്മാ ആത്മാശ്വരൻ അതിനെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം സർവഭൂതാന്തരാത്മാ എന്ന് പറയുന്നു സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നവൻ ഈശ്വര സർവഭൂതാനാം ഹൃദയശി അർജുന തിഷ്ഠതി ഇതേ ആശയം തന്നെയാണ് ഗീതയിലും ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നത് ഈ വൻശത്തിന്റെ ഒരു വ്യാഖ്യാന രൂപമാണ് ഗീത എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നവൻ ആ പരമാത്മാവെന്ന് പറയുന്നത് തന്നെയാണ് അദ്വൈതം പിന്നെയാണ് അദ്വൈതമെന്ന് പറയുന്നത് അദ്വൈതത്തിൽ അപ്പം പിന്നെ സംശയിക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെ ഒന്ന് സംഭവിക്കാമോ ഈശ്വരനെ കുറിച്ചുള്ള പൃഥക്ബോധം അതായത് അന്യത്വബുദ്ധി ഈശ്വരൻ എന്നുള്ള ഭാവന മനുഷ്യന്റെ മനസ്സിൽ വരുമ്പോഴെല്ലാം കടന്നു വരുന്ന ഒന്നാണ് ആ അന്യഥ അന്യത്വബുദ്ധി ഈശ്വരൻ അന്യനാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അന്യനായ ഒരു ഈശ്വരനെ കുറിച്ച് ഒരു ജീവന് ചിന്തിക്കാൻ കഴിയത്തുള്ളു എന്തുകൊണ്ട് കാരണം ജീവന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് അജ്ഞാനത്തിന് അധീനമാണ് പൂർണമായും അതുകൊണ്ട് ആ ഈശ്വരന് സഹജമായിരിക്കുന്ന ഭാവങ്ങൾ അൽപജ്ഞത്വം അതുകൊണ്ടുവരുന്ന ഈശ്വരനിൽ എന്താണോ വരുന്ന സർവശക്തിത്വം അതിന് വിപരീതമായിട്ടുള്ള ശക്തിരാഹിത്യം നിസ്സഹായത്വം ഇതൊക്കെ ജീവനിൽ വരുന്നു അപ്പൊ ഇങ്ങനെ അജ്ഞാനാധീനമായിരിക്കുന്ന ഈശ്വരന് വിപരീതമായ ഭാവങ്ങളോടുകൂടിയിരിക്കുന്ന ജീവന് ഈ അജ്ഞാന വിവശത കൊണ്ട് ഒരിക്കലും ആ ഈശ്വരഭാവത്തെ തന്നിൽ കാണാൻ കഴിയുന്നില്ല കാരണം ഈശ്വരഭാവങ്ങൾക്കെല്ലാം വിപരീതമാണ് സ്വാനുഭവം ജീവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ സർവജ്ഞത്വം തന്നെ കാണുന്നില്ല ഈശ്വരന്റെ സർവ്വശക്തിത്വം തന്നെ കാണുന്നില്ല ഈശ്വരന്റെ സ്വാതന്ത്ര്യം അത് തന്നെ കാണുന്നില്ല അങ്ങനെയിരിക്കെ സഹജമായും ഒരിക്കലും ജീവന് ഈശ്വരഭാവന ഈശ്വരനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടാകുമ്പോൾ ഒരിക്കലും അതിനെ ആത്മനിഷ്ഠമായി ചിന്തിക്കാനും കഴിയില്ല ഈശ്വരനെ അന്യനായി ചിന്തിക്കാൻ കഴിയും അതാണ് ജീവഭാവം എന്ന് പറയുന്നത് ശ്രുതിയുടെ എന്താണ് ചെയ്യുന്നത് ശ്രുതി ആ ഭാവത്തെ മാറ്റി ഇതിനെ ദൃഢമായി ആ ശ്രോതാവിന്റെ അന്ധകരണത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് സർവഭൂതാന്തരാത്മാശ്വരനെ അങ്ങനെ അന്യനായി കരുതരുത് നിന്റെ മാത്രമല്ല സർവപ്രാണിയുടെയും അന്തരാത്മാവാണ് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ സർവാത്മഭാവത്തിലെ ചിന്തിക്കാവൂ എന്നാണ് ഒരുവൻ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ ചിന്തിച്ചു പോകുന്ന എന്താണ് ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നാൽ ചിന്തിച്ചു പോകും തന്റെ ശരീരത്തിലിരിക്കുന്ന ഉള്ളിൽ ഒരാത്മാവുണ്ട് തന്റെ ശരീരത്തിനും മരണം മനസ്സിനും അന്ധകലത്തിനുമൊക്കെ സാക്ഷിയായി തന്റെ ശരീരത്തിലിരിക്കുന്ന ഒരാത്മാവിനെ കുറിച്ച് ഏറി വന്നാൽ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ അവിടെയും തന്റെ ശരീരം വീണ്ടും അവിടെ ആത്മാവിന് മറയ്ക്കുന്ന ഒരു ഉപാധിയായി നിൽക്കുന്നു അതാണ് ശരീരബോധം എന്ന് പറയുന്നത് തന്റെ ശരീരം മാത്രമല്ല സർവ്വശരീരത്തിന്റെയും ഉള്ളിലിരിക്കുന്നത് എന്ന് നമ്മളെ വ്യക്തമായി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും സർവഭൂതാന്തരാത്മാ എന്ന് പറയുന്നത് അങ്ങനെ സർവഭൂതാന്തരാത്മാവായി തന്റെ മാത്രം ശരീരത്തിന്റെ സാക്ഷിയല്ല ആധാരമല്ല പ്രത്യേക അല്ല മറിച്ച് സർവശരീരത്തിന്റെയും ആത്മാവായിരിക്കുന്ന പരമാത്മാവാണ് താൻ എന്നുള്ള ബോധത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി കാരണം ഈ മന്ത്രങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും പറയുന്നത് സർവഭൂതാന്തരാത്മാ ശ്രുതി എപ്പോഴും വെളിപ്പെടുത്തുന്നത് നിരപേക്ഷമായ സത്യത്തെയാണ് പരമാർത്ഥ സത്യത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത് പക്ഷെ ജീവന് ആ നിരപേക്ഷ തലത്തിൽ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈശ്വരബോധം തന്നെ ജീവൻ ഉണ്ടാകുന്ന ശ്രുതിയിൽ നിന്നാണ് പക്ഷെ എന്നാലും ശ്രുതി നിർപേക്ഷമായ തത്വത്തെ വെളിപ്പെടുത്തിയാലും ജീവൻ വീണ്ടും അതിനെ മനനം ചെയ്യുമ്പോൾ ശ്രവിക്കുമ്പോൾ എല്ലാം വീണ്ടും ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഈശ്വരനെ പരിച്ഛന്നനായി ഗ്രഹിച്ചു ആര് ശ്രുതവന്തോപി അതായത് ശ്രവണവും മറ്റും അനുഷ്ഠിക്കുന്നവർ പോലും ശ്രുതി ശ്രവിക്കുന്നവർ പോലും വീണ്ടും ഈശ്വരനെ പരിച്ഛിന്നനാക്കി ബന്ധനസനാഗി കളയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും വീണ്ടും വീണ്ടും അത് പറയുന്നത് സർവഭൂതാന്തരാത്മ അപ്പോൾ ആ സർവഭൂതാന്തരഭാവം ഈശ്വരന്റെ ആ സർവാത്മഭാവത്തെ ആന്തരികമായി ഭാവന ചെയ്തുകൊണ്ട് വേണം ഈ മന്ത്ര താൽപ്പര്യത്തെ ഗ്രഹിക്കേണ്ടത് അതുവരെ നമ്മൾ സൂക്ഷിച്ചിരുന്ന പരിച്ഛന ഭാവത്തെ വിട്ടിട്ട് ആ സർവഭൂതാത്മഭാവം അതാണ് താനെന്നുള്ള ദൃഢഭാവനയോടുകൂടി ഈ മന്ത്രത്തെ ശ്രവിക്കുകയും മനനം ചെയ്യുകയും ചെയ്താലേ ഈ മന്ത്രത്തിൽ വെളിപ്പെടുത്തുന്ന ആശയം നമുക്ക് വെളിപ്പെടുത്തുള്ളൂ അതിൻ്റെ ശരിയായിരിക്കും ഞാനിതൊന്ന് വായിക്കാം ഒമ്പതാമത്തെ മന്ത്രം അഗ്നികോ ഭുവനം പ്രവിഷ്ടോപം പ്രതിരൂപോ ബഭൂവേതൂതരാത്മാ യുകോ ഭുനം പ്രവിഷോ ഏകസ് തൂതരാത്മാ അതിോ ബ സൂര്യോ യഥോക ചക്ഷുപ്യ ചാക്ഷുഷാഹ്യകോകുഃഖേന ബാഹ്യകശീ സർത്മാ ൂപം ബഹുധാകരോതി തേനു പശ്യ ധീരാ താശ്വതം നേതരേഷേനശ്ചേദോ ബഹൂന യോ വിദാതി കാ സമാത്മസ്ഥം േനു പശ്യത്തിന്തിരാം ശാശ്വതി നേതരേഷ ത മയന് അനുദ്ദേശ്യം പരമം സുഖം കഥം നു തദ്യാ ഭാതി വിഭാതി വ നത്രത്ര സൂര്യോ ഭാതി നന്ദ്രതാരകം നേമ വിദ്യുതോ ഭാതി കൂതോയഗ്നി തമേ ഭാദമനുഭാതി തയ്യാസം വിഭാതി ശധീനമസ്തു വിഷ ന്തിന്തിന് പൂർണ്ണമായ പൂർണ്ണമേ വശിഷ്യതി ഓന്ദ e okay.